ർ കോണൻ ഡോയിലിന്റെ ഷർലക് ഹോംസ് കഥകൾ നെപ്പോളിയന്റെ ആറു തലകൾ റേഡിയോ നാടകരൂപം സംവിധാനം എൻ വാസുദേവ് അന്ന് വൈകുന്നേരം ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കുറ്റാന്വേഷണ ഏജൻസിയായ സ്കോട്ട്ലാൻഡ് യാർഡിലെ ഇൻസ്പെക്ടർ ലെസ്ട്രൈഡ് ലണ്ടനിലെ ബേക്കർ തെരുവിലെ ഇരുന്നൂറ്റി ബി എന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു പോലീസ് അന്വേഷിക്കുന്ന പല കേസുകളെക്കുറിച്ചും എന്റെ കൂട്ടുകാരൻ ഷെർലോക്ക് ഹോംസിന് വിവരങ്ങൾ കിട്ടുന്നത് എലിയുടെ മുഖമുള്ള ഈ ലെസ്ട്രേഡിൽ നിന്നാണ് അതുകൊണ്ടുതന്നെ ഈ സന്ദർശനങ്ങൾ ഹോംസും ആസ്വദിച്ചിരുന്നു പിന്നെ കേസുകൾ കേട്ട ശേഷം തന്റെ നിരീക്ഷണങ്ങളും ഉപദേശങ്ങളും പങ്കുവയ്ക്കാൻ ഹോംസും തയ്യാറായിരുന്നു അന്ന് കാലാവസ്ഥയെയും പത്രവാർത്തകളെയും കുറിച്ചുമൊക്കെ സംസാരിച്ച ശേഷം ചുരുട്ടാഞ്ഞു വലിച്ചുകൊണ്ട് എന്തോ ആലോചിച്ചിരുന്നു എന്താ ലസ്ട്രൈഡ് വലിയ ആലോചന പുതിയ കേസിനെ പറ്റി വലതു പറയൂ ഞങ്ങളും കേൾക്കട്ടെ സത്യത്തിൽ എന്നെ കുഴപ്പിക്കുന്ന ഒരു പ്രശ്നമുണ്ട് പക്ഷെ അതത്ര പ്രാധാന്യമുള്ളതാണോ എന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് പറയാതിരുന്നത് നിസ്സാരമെങ്കിലും ചില വിചിത്ര സ്വഭാവമുള്ള കേസാണിത് അതുകൊണ്ട് പറഞ്ഞു വരുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ താല്പര്യം തോന്നിയേക്കാം പ്രത്യേകിച്ച് ഡോക്ടർ വാട്സന് രോഗവുമായി ബന്ധപ്പെട്ട കേസു വല്ലതുമാണോ ഏയ് ഒരു വട്ട് അതായത് നെപ്പോളിയന്റെ പ്രതിമ എവിടെ കണ്ടാലും അത് തകർക്കുന്ന ഒരുത്തിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ ഓ അത്രയുള്ള എനിക്ക് അത്ര താല്പര്യം പറയൂ വീടുകളുടെ ഉള്ളിൽ കയറി പ്രതിമ മോഷ്ടിച്ച് അത് തകർത്താലോ ഓഹോ അത് രസമുള്ള സംഭവമാണല്ലോ നാല് ദിവസം മുമ്പാണ് ആദ്യ സംഭവം നടന്നത് മോസ് ഹട്ട്സൺ എന്നൊരാളുടെ പ്രതിമകളും കൗതുക വസ്തുക്കളും മറ്റും വിൽക്കുന്ന കടയിലെ ജീവനക്കാരൻ ഒരാവശ്യത്തിന് പുറത്തിറങ്ങിയതാണ് എന്തോ നിലത്ത് വീണും തകരുന്ന ശബ്ദം കേട്ട് അയാൾ തിരിച്ചു വന്നപ്പോ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന അനേകം പ്രതിമകൾക്കിടയിൽ ഉണ്ടായിരുന്ന നെപ്പോളിയന്റെ ഒരു അർത്ഥകായ പ്രതിമ മാത്രം ആരോ തറയിൽ ഇറഞ്ഞുടച്ചിരിക്കുന്നു ആരാണ് അത് ചെയ്തതെന്ന് അറിയാൻ കഴിഞ്ഞില്ലേ ഒരാളാ കടയിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോകുന്നത് പലരും കണ്ടെങ്കിലും ആളെ പിടികിട്ടിയില്ല വെറുതെ ഒരു രസത്തിനു വേണ്ടി ചെയ്തതാകാമെന്ന് കരുതി ആരും കാര്യമാക്കിയില്ല മാത്രമല്ല ആ പ്രതിമ വലിയ വിലയുള്ളതല്ലായിരുന്നു ശരി എന്നിട്ട് പ്രശ്നം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇതിലും വിചിത്രമാണ് തുടർന്നുള്ള സംഭവങ്ങൾ ഈ കടയിൽ നിന്ന് ഏതാനും വാര ബാർണിക്കോട്ട് എന്നൊരു ഡോക്ടറുടെ വീടുണ്ട് പിന്നെ അദ്ദേഹം പ്രസിദ്ധനായ ഡോക്ടർ അതെ നെപ്പോളിയൻ ചക്രവർത്തിയുടെ വലിയ ആരാധകനാണ് ഈ ഡോക്ടർ പഠനമുറി മുഴുവൻ നെപ്പോളിയന്റെ ചിത്രങ്ങളും പ്രതിമകളും ചരിത്ര പുസ്തകങ്ങളുമാണ് രണ്ടു മൈലകലെ അദ്ദേഹം ഒരു ഡിസ്പെൻസറി നടത്തുന്നുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഈ ഡോക്ടർ മുൻപ് പറഞ്ഞ കടയിൽ നിന്നും നെപ്പോളിയന്റെ രണ്ട് പ്രതിമകൾ വാങ്ങി ഒന്ന് വീട്ടിലും മറ്റേത് ഡിസ്പെൻസറിയിലും വെച്ചു ഇന്നലെ രാത്രി ആരോ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ആ പ്രതിമ മോഷ്ടിച്ചു വെളിയിലുള്ള പൂന്തോട്ടത്തിന്റെ മതിലിൽ അടിച്ചു തകർത്തു ഏ ഇത് വളരെ വിചിത്രമായിരിക്കുന്നു അതേസമയം രസകരവും താങ്കൾക്ക് ഈ കേസിൽ താല്പര്യമുണ്ടാകുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് കഥ ഇവിടെ തീരുന്നില്ല ഇന്നുച്ചയ്ക്ക് ഡിസ്പെൻസറിയിലെത്തിയ ഡോക്ടർ അത്ഭുതപ്പെട്ടുപോയി അവിടുത്തെ നെപ്പോളിയൻ പ്രതിമയും ആരോ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇതുവരെ കുറ്റവാളിയെ ഒരു സൂചനയും ലഭിച്ചില്ലേ ഇല്ല വളരെ വിചിത്രമായ കേസ് സമ്മാതിക്കാത്ത തരമില്ല ആ ഒന്ന് ചോദിച്ചോട്ടെ ഡോക്ടർ വാങ്ങിയ പ്രതിമകൾ രണ്ടും ഒരേ രീതിയിലുള്ളതായിരുന്നോ അതായത് ഒരേ അച്ഛൻ നിർമ്മിച്ചവയായിരുന്നോ അതെ അങ്ങനെയെങ്കിൽ ഇത് ചെയ്തയാൾ നെപ്പോളിയൻ വിരോധിയാണെന്ന് കരുതുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ലണ്ടനിൽ നെപ്പോളിയന്റെ വേറെ എത്രയോ പ്രതിമകളുണ്ട് അവയൊന്നും ആക്രമിക്കാൻ അയാൾ ശ്രമിച്ചില്ലല്ലോ ഞാനും അത് ശ്രദ്ധിക്കാതിരുന്നില്ല മിസ്റ്റർ ഹോംസ് ഈ പ്രദേശത്ത് പ്രതിമകൾ വിൽക്കുന്ന ഒരേ ഒരു കടയാണത് ഇവിടത്തുകാരനായ അക്രമി കയ്യിൽ കിട്ടിയ പ്രതിമകൾ തകർത്തു എന്ന് കരുതി കൂടെ മോണോമാനിയ എന്ന മാനസിക വിഭ്രാന്തി പല രൂപത്തിലും വരാം നെപ്പോളിയനെ കുറിച്ച് വളരെയേറെ അറിയുന്ന ഒരാൾക്കോ അദ്ദേഹം നടത്തിയ യുദ്ധങ്ങളിൽ ദുരിതമനുഭവിക്കേണ്ടി വന്നവർക്കോ അവരുടെ പിൻഗാമികൾക്കോ ഇത്തരം കടുത്ത വിദ്വേഷം ചിലപ്പോൾ ഒരു ഭ്രാന്തായി മാറാം ഇല്ല ഞാനത് വിശ്വസിക്കുന്നില്ല ഇനി നിങ്ങൾ കരുതുന്നത് പോലെ ഒരു കടുത്ത നെപ്പോളിയൻ വിരോധിയോ അല്ലെങ്കിൽ ഒരു കിറക്കനോ ആണ് അയാൾ എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ പ്രതിമകൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ ഇത്ര കൃത്യമായ അയാൾ എങ്ങനെ അറിഞ്ഞു ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു ഡോക്ടർ ബാർണിക്കോട്ടിന്റെ വീട്ടിലിരുന്ന പ്രതിമ അയാൾ വീട്ടിലെ ഒരാളെപ്പോലും ഉണർത്താതെ പുറത്തു കൊണ്ടുപോയാണ് തകർത്തത് പക്ഷെ ആൾ താമസമില്ലാത്ത ഡിസ്പെൻസറിയിലാകട്ടെ അതിരുന്നിടത്ത് വെച്ച് തന്നെ അത് തകർത്തു പ്രത്യക്ഷത്തിൽ നിസ്സാരം എന്ന് തോന്നാമെങ്കിലും ഈ സംഭവങ്ങൾ അങ്ങനെ തള്ളിക്കളയാനാവില്ല സമയം വൈകുന്നു ശരി ഞാനിറങ്ങുന്നു ഏതായാലും പ്രതിമ തകർക്കെ സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ സംഭവ ഉണ്ടാകുന്നുവെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കണ്ടല്ലേഡ് ശരി മിസ്റ്റർ ഹോംസ് വോട്ട്സൺ വാട്ട്സൺ ഇത് കണ്ടോ ലെസ്റ്റേഡ് അയച്ചിരിക്കുന്ന ഒരു കമ്പി സന്ദേശം എന്തായാലും അറിയിച്ചിരിക്കുന്നത് ഉടനെ പുറപ്പെടുക നൂറ്റിമുപ്പത്തിയൊന്ന് പിറ്റ്സ്ട്രീറ്റ് കെൻസിംഗ്ടൺ എന്താ കാര്യം അറിയില്ല ലണ്ടനിലെ മറ്റൊരു സ്ഥലത്തുകൂടി നെപ്പോളിയൻ പ്രതിമ എന്ന് കരുതണം എന്തായാലും നമുക്ക് ഉടനെ പുറപ്പെടണം ലണ്ടനിൽ എനിക്ക് അധികം പരിചയമില്ലാത്ത സ്ഥലമാണിത് അത്രയൊന്നും ഭംഗിയില്ലെങ്കിലും സാമാന്യം ഭേദപ്പെട്ട വീടുകളാണല്ലോ ഇവിടെ അല്ലേ ഹോംസ് ഞാൻ ശ്രദ്ധിച്ചത് മറ്റൊന്നാണ് അത് കണ്ടോ ആ വീടിന്റെ കൂടി നിൽക്കുന്നത് അതെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ കൊലപാതകമായിരിക്കും അല്ലെങ്കിൽ ഇത്രയധികം ആളുകൾ തടിച്ചു കൂടുകയില്ല എത്തിയോ മരണം നെപ്പോളിയൻ പ്രതിമ തന്നെയാണ് ഇവിടത്തെ പ്രശ്നം കാര്യം കൂടുതൽ ഗുരുതരമായിരിക്കുന്നു എന്ന് മാത്രം ഇതിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞത് ഞാൻ കമ്പി സന്ദേശം അയച്ചത് നന്നായി പറയൂ എന്താണ് ഇപ്പോൾ ഇതാണ് ഈ വീട്ടിലെ ഗൃഹനായകൻ അദ്ദേഹം നടന്നതെല്ലാം വിശദമായി പറഞ്ഞു മിസ്റ്റർ ഹാക്കർ ഒരു പത്രപ്രവർത്തകനാണ് ഹോംസ് താങ്കളുടെ പേര് ധാരാളം ഞാൻ കേട്ടിരിക്കുന്നു ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ വാർത്തകൾ തേടിപ്പിടിച്ച് നടന്നവനാണ് ഞാൻ ഹാ ഇപ്പോൾ ഇത് ഒരസാധാരണമായ സംഭവത്തിൽ ഞാനും ചെന്നകപ്പെട്ടിരിക്കുന്നു പറയൂ എല്ലാം തെളിച്ചു പറയൂ കേൾക്കട്ടെ എന്റെ വീട്ടിൽ വച്ചിരുന്ന നെപ്പോളിയന്റെ പ്രതിമയാണ് ഇതിനൊക്കെ കാരണം നേരം വിളക്കുന്നത് വരെ എഴുതിക്കൊണ്ടിരിക്കുക എന്റെ പതിവാണ് ഇന്നലെ രാത്രിയിലും അങ്ങനെ തന്നെയായിരുന്നു മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലിരുന്നാണ് സാധാരണ ഞാൻ എഴുതാറ് ഒരു മൂന്ന് മണിയോടെ താഴെ നിന്നൊരു ശബ്ദം കേട്ടു ഒരു തവണയെ കേട്ടുള്ളൂ ഞാൻ അത്ര കാര്യമാക്കിയില്ല പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു ദയനീയമായ നിലവിളി കേട്ടു അതുപോലൊരു കരച്ചിൽ ആദ്യം ഞാനൊന്ന് പകച്ചുപോയി എങ്കിലും ഞാൻ എന്റെ കൈത്തോക്കെടുത്ത് താഴേക്ക് വന്നു താഴത്തെ മുറിയിലെ ജനൽവാതിൽ മലർക്ക തുറന്നു കിടക്കുന്നതും ഷെൽഫിൽ വെച്ചിരുന്ന നെപ്പോളിയന്റെ പ്രതിമ അപ്രത്യക്ഷമായതും എനിക്ക് മനസ്സിലായി പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഉണ്ടാക്കിയ പ്രതിമ മോഷ്ടിക്കാൻ ആരെങ്കിലും വീട് പൊളിച്ച് അകത്ത് കയറുമോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പെട്ടെന്ന് എന്റെ കാലിൽ എന്തോ തടഞ്ഞതുപോലെ തോന്നി ഞാൻ പതുക്കെ വിളക്ക് തെളിച്ചു ഞാൻ ഞെട്ടിപ്പോയി അതൊരു മനുഷ്യന്റെ ശരീരമായിരുന്നു അതിഭീകരമായിരുന്നു ആ കാഴ്ച രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ ശരീരത്തിന്റെ തൊണ്ടയിൽ ആഴത്തിൽ ഒരു മുറിവുണ്ടായിരുന്നു വാ മലർക്ക് തുറന്ന് മലർന്നാണ് അത് കിടന്നിരുന്നത് ഞാൻ പേടിച്ച് അലറി വിളിച്ചു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഈ തളത്തിൽ ഞാൻ കിടക്കുന്നു ചുറ്റും കുറച്ച് പോലീസുകാരും ഈ കൊല്ലപ്പെട്ടയാളെ നിങ്ങൾക്കറിയാമോ ഞാൻ ആദ്യമായിട്ടാണ് അയാളെ കാണുന്നത് ഏതായാലും ഈ പരിസരത്തുള്ള ആരുമല്ല അതാരാണെന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല ശവശരീരം മോർച്ചറിയിലുണ്ട് മുപ്പത് വയസ്സിന് താഴെ പ്രായം തോന്നിക്കുന്ന നല്ല ഉയരവും വണ്ണവും ഒരാളാണ് മോശപ്പെട്ട വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് എങ്കിലും കൂലിപ്പണിക്കാരനാണെന്ന് തോന്നുന്നില്ല അയാൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് കൊമ്പു പിടിയുള്ള ഒരു കത്തി രക്തത്തിൽ കുതിർന്ന് ശരീരത്തിനടുത്തു തന്നെ കിടന്നിരുന്നു അതയാളുടേതാണോ കൊലപാതകയുടേതാണോ എന്നും വ്യക്തമല്ല ഷർട്ടിന്റെ കീശയിൽ ഒരാപ്പിളും ഒരു കഷ്ണം നൂലും ലണ്ടൻ പട്ടണത്തിന്റെ ഒരു മാപ്പും പിന്നെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു ദാ ഇതാണ് ആ ഫോട്ടോ എവിടെ നോക്കട്ടെ വില കുറഞ്ഞ ക്യാമറയിലെടുത്ത് അത്ര വ്യക്തമല്ലാത്തൊരു ചിത്രമാണല്ലോ നല്ല കട്ടിയുള്ള പുരികങ്ങൾ ണെന്ന് തോന്നും പോയി എന്ന് ഹാക്കർ പറഞ്ഞു എന്നിട്ട് അതെവിടെ അതാണ് രസകരം കുറച്ചകലെ ആൾ താമസമില്ലാത്ത ഒരു വീടിന്റെ പൂന്തോട്ടത്തിൽ അത് തകർന്ന് ചിന്ന ഭിന്നമായി കിടക്കുന്നുവെന്ന് പറയുന്നു നമുക്ക് അങ്ങോട്ട് പോയാലോ ഞാനും വരാം അതിനു മുൻപ് കള്ളനകത്ത് കയറിയ ജനലും ഈ കാർപ്പറ്റുമൊക്കെ ഞാനൊന്ന് പരിശോധിക്കട്ടെ അസാധാരണ ഉയരമുള്ള ആളായിരിക്കണം അല്ലെങ്കിൽ ഇത്ര ഉയരമുള്ള ജനലിന്റെ കുറ്റ തുറക്കാൻ അയാൾക്കാവില്ല മിസ്റ്റർ ഹാക്കർ നിങ്ങളുടെ പ്രതിമകളുടെ അവശേഷങ്ങൾ കാണാൻ വരുന്നോ ഞാന് ഈ സംഭവത്തെ എന്തെങ്കിലും ഒന്ന് കുത്തി എന്റെ വീട്ടിൽ നടന്ന അറുംകൊലയുടെ വാർത്ത ഞാൻ എഴുതിയില്ലെങ്കിൽ പിന്നെ വേറെ ആരെ പ്രതിമയുടെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചല്ലോ മിസ്റ്റർ ഹോംസ് എന്തു തോന്നുന്നു നമുക്ക് കുറെ കാര്യങ്ങൾ ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എങ്കിലും ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് നിസാരമായി പ്രതിമയ്ക്കു വേണ്ടി ഒരാളെ കൊല്ലാൻ പോലും മടിയില്ല പ്രധാന കാര്യമാണ് അതുപോലെ ഈ പ്രതിമ തകർക്കപ്പെട്ട സ്ഥലവും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ആൾതാമസമില്ലാത്ത വീടാണെന്ന് അയാൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെയെങ്കിൽ ഹാക്കറിന്റെ വീടിനടുത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് അയാൾക്കിത് ചെയ്യാമായിരുന്നല്ലോ എന്തുകൊണ്ട് അയാൾ അത് ചെയ്തില്ല ഒരു പ്രതിമ ഇത്രയും ദൂരം ചുമന്ന് ഇവിടെ വന്ന് തകർക്കാനുള്ള കാരണമെന്താവും ഇവിടെ തെരുവിളക്കിന്റെ പ്രകാശമുണ്ട് എന്നത് അത് ശരിയാണല്ലോ ഡോക്ടർ ബാർണിക്കോട്ടിന്റെ വീട്ടിലെ പ്രതിമ തകർത്തതും പൂന്തോട്ടത്തിലെ വിളക്കിന് താഴെയായിരുന്നു കറക്റ്റ് ഹാക്കറിന്റെ വീട്ടിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടതാരാണെന്ന് തിരിച്ചറിയാൻ വിഷമമില്ല അതറിഞ്ഞാൽ കൊലപാതകയേയും കണ്ടെത്താൻ എളുപ്പമാകും നിങ്ങൾ പറയുന്നത് ശരിതന്നെ എന്നാൽ ഞാൻ ഈ കേസിനെ കാണുന്നത് മറ്റൊരു തരത്തിലാണ് എന്നുവെച്ചാൽ അത് പറഞ്ഞ് നിങ്ങളുടെ അന്വേഷണത്തിന് ഗതി അട്ടിമറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് അന്വേഷിക്കൂ ഞാൻ എന്റെ രീതിയിലും നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മുടെ കണ്ടെത്തലുകൾ കൈമാറാം എന്താ ശരി എന്നാൽ അങ്ങനെയാകട്ടെ ആ ലിസ്റ്റേഡ് ഒരു കാര്യം കൂടി കൊല ചെയ്യാൻ പോലും മടിയില്ലാത്ത ഒരു ഭ്രാന്തനായ നെപ്പോളിയൻ വിരോധിയാണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് സംശയമില്ല എന്ന് ഹാക്കറിനോട് പറഞ്ഞേക്കു അക്കാര്യം അയാളുടെ റിപ്പോർട്ടിലും ചേർത്തോളാൻ പറയൂ അത് നമ്മുടെ രണ്ടുപേരുടെയും അന്വേഷണങ്ങൾക്ക് ഗുണം ചെയ്യും ഞാൻ ഹാക്കറിനെ പിന്നെ ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലൊന്ന് വരാൻ കഴിയുമോ കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ നീങ്ങുകയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ചെറിയൊരു സാഹസിക ദൌത്യം നടത്തേണ്ടി ആ കുലജയപ്പെട്ട ആളുടെ പക്കലിരുന്ന ഫോട്ടോ എന്റെ കയ്യിലിരിക്കട്ടെ കഴിയുന്നതും ഞാൻ വൈകുന്നേരം ബേക്കർ സ്ട്രീറ്റിലെത്താം അപ്പോ കാണാം വോട്ട്സൺ നമുക്ക് ഡോക്ടർ ബാർണിക്കോട്ട് നെപ്പോളിയൻ പ്രതിമകൾ വാങ്ങിയ കടവരെയൊന്ന് പോകാം ആ പ്രതിമകൾ ആ കടയിൽ എവിടെ നിന്ന് വന്നു എന്നറിയാനാണ് എന്റെ ശ്രമം അതുവഴി ഒരുപക്ഷെ എന്തുകൊണ്ടവ മോഷണം പോകുന്നു എന്ന് മാത്രമല്ല എന്തുകൊണ്ടവ തകർക്കപ്പെടുന്നു എന്നതിന്റെ കാരണം കൂടി നമുക്ക് കണ്ടെത്താനാവാം ശരി ഹോംസ് നമുക്ക് എത്രയും വേഗം അങ്ങോട്ട് പോകാം അതെ സർ രണ്ടു പ്രതിമകളും ഡോക്ടർ ബേണിക്കോട്ടിന് വിറ്റത് ഞാനാണ് എന്നാലും ഇത് വിശ്വസിക്കാനാവുന്നില്ല ഏതൊരു പ്രാന്തം തന്നെയാണ് ഇതിനു പിന്നിൽ പക്ഷേ എന്തിനാണ് അയാൾ ആ വില കുറഞ്ഞ പ്രതിമ കണ്ടുപിടിച്ച് തകർക്കുന്നത് എവിടെ നിന്നാണ് ഈ സംഭവമായി അതിനെന്ത് ബന്ധാണുള്ളത് പത്ത് മുപ്പത് കൊല്ലമായി ഞാനീ കച്ചവടം തുടങ്ങിയിട്ട് നിങ്ങൾ പറയൂ എവിടെ ഈ പ്രതിമകൾ ഉണ്ടാക്കുന്നത് ബസ് സ്റ്റേഷന്റെ അടുത്തുള്ള പള്ളിയുള്ള തെരുവില്ലേ അവിടെയുള്ള ഗെൾഡൻ ആൻഡ് കമ്പനിയിൽ നിന്ന് പ്രതിമകൾ ഉണ്ടാക്കുന്ന പഴയൊരു കമ്പനിയാണത് ഓ നിങ്ങളാകെ നെപ്പോളിയന്റെ എത്ര പ്രതിമകൾ വാങ്ങി ഞാൻ ആകെ മൂന്നെണ്ണം വാങ്ങി രണ്ടെണ്ണം ഡോക്ടർ ബേണിക്കോട്ടിന് വിറ്റു ഒരെണ്ണം ഈ കടയിൽ വെച്ച് ആരോ തകർത്തു ഓ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ അറിയാമോ ഇത് നമ്മുടെ അല്ലേ നിങ്ങൾക്കറിയാമോ പിന്നെ ഇയാൾ ഈ കടയിൽ കഴിഞ്ഞ ആഴ്ച വരെ ജോലിക്കാരനായിരുന്നു പ്രതിമ ഉണ്ടാക്കാനൊക്കെ അറിയാം എന്നാ എന്നോട് ഈ കഴിഞ്ഞ ആഴ്ചവരെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെന്തോ ജോലി മതിയാക്കിപ്പോയി പിന്നെ ഒരു വിവരവും അയാൾ ഇവിടെ ജോലി ചെയ്തിരുന്നപ്പോഴാണോ ഇവിടെ വെച്ച് ആ പ്രതിമ ആരോ തകർത്തത് അല്ല അയാൾ പോയി കഴിഞ്ഞിട്ടാ അയാളെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിഞ്ഞാൽ ഞങ്ങൾ അറിയിക്കണം തീർച്ചയായും തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഏതാണ്ട് നാൽപ്പതിലധികം വർഷമായി ഞങ്ങൾ പ്രതിമകൾ വിൽക്കുന്നു ഇതുവരെ ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല മൂന്നെണ്ണം ഹാർ ബ്രദേശ് എന്ന സ്ഥാപനത്തിനും വിറ്റു എങ്ങനെയാണ് ഈ പ്രതിമകൾ നിർമ്മിച്ചത് അങ്ങനെ ചോദിച്ചാൽ പ്രതിമയുടെ രണ്ടു വശങ്ങളുടെയും മോൾഡുകൾ അതിൽ പ്ലാസ്റ്റർ നിറച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യാറ് പരിചയമുണ്ടോ ഇവനെയോ ദ്രോഹി മാന്യമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണിത് ഇവൻ കാരണമാണ് ഇവിടെ പോലീസ് വന്നത് നിങ്ങൾ തെളിച്ച് പറയും ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഇവൻ ഒരു കത്തിക്കുത്ത് കേസിൽപ്പെട്ടു പോലീസ് ഇവിടെ വന്ന് അവനെ പൊക്കി എന്താണ് ഇവന്റെ പേര് നല്ല പണിക്കാരനായിരുന്നു സത്യത്തിൽ ഞങ്ങളുടെ ഏറ്റവും നല്ല പണിക്കാരൻ അന്ന് എന്ത് ശിക്ഷയാണ് ലഭിച്ചത് ഏതാണ്ടൊരു കൊല്ലത്തോളം ജയിലിലായിരുന്നു എന്നാണ് അറിഞ്ഞത് ഇപ്പൊ പുറത്തിറങ്ങി ഏതായാലും എങ്ങോട്ട് വന്നില്ല ഒരു സഹായം കൂടെ ചെയ്യാമോ ഈ പ്രതിമകൾ എന്നാണ് നിങ്ങൾ വിറ്റത് പറഞ്ഞുതരാമോ താങ്കളുടെ രജിസ്റ്ററിൽ കാണല്ലേ ജൂൺ മാസം രണ്ടാം തീയതി കാര്യം കൂടി ബെപ്പോ എന്നാണ് പോലീസ് പിടിയിലായത് എന്ന് പറയാൻ കഴിയുമോ ഓ അതിപ്പോ ഞാനെങ്ങനെ കൃത്യമായി പറയാനാണ് ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ശമ്പളം രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ ഒന്ന് നോക്കിയാൽ പോരെ അത് ശരിയാസാനം അവൻ ശമ്പളം പറ്റിയിരിക്കുന്നത് മെയ് ഇരുപതാം തീയതിയാണ് ശരി വളരെ നന്ദി നിങ്ങൾ പറയുന്നത് ശരിയാണ് ഞാനും വായിച്ചു ഹോയ്സ് ഹാക്കർ എന്റെ അടുത്ത സുഹൃത്താണ് രണ്ടു മൂന്ന് മാസം മുമ്പാണ് ഈ പ്രതിമ അദ്ദേഹം ഇവിടെ നിന്ന് വാങ്ങിയത് ഇത്തരത്തിലുള്ള മൂന്ന് പ്രതിമകളല്ലേ നിങ്ങൾ ഗൽഡർ കമ്പനിയിൽ നിന്ന് വരുത്തിയത് അതെ മൂന്നും വിറ്റു ആ ഒരെണ്ണം ഹാക്കർ വാങ്ങി മറ്റു രണ്ട് പ്രതിമകൾ ആർക്ക് വിറ്റു ആ അത് പറഞ്ഞുതരാം ഈ ബിൽബുക്ക് നോക്കിയാൽ മതിയല്ലോ ഒരെണ്ണം ഇവിടെ അടുത്ത് ലാബർണവില്ലയിൽ താമസിക്കുന്ന ജോഷൺ എന്നൊരാൾക്കാണ് മറ്റൊന്ന് ആ മറ്റൊന്ന് വാങ്ങിയത് സാന്റാ ഫോർഡ് അയാളുടെ അഡ്രസ്സ് ലണ്ടനി പുറത്താണ് ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ല സാർ ഇത്രയും വൃത്തികെട്ട മുഖമുള്ള ഒരുത്തനെ ഒരു തവണ കണ്ടാൽ ആരെങ്കിലും മറക്കുമോ അപ്പോൾ നിങ്ങൾ ഇയാളെ കണ്ടിട്ടേയില്ല അല്ലേ ഇല്ല കണ്ടിട്ടില്ല ആ ഞാൻ നിങ്ങളെ കുറേ നേരമായി കാത്തിരിക്കുകയായിരുന്നു ഹോംസ് കേസന്വേഷണത്തിന്റെ പുരോഗതി എങ്ങനെയുണ്ട് വലിയ തിരക്കുള്ള ദിവസമായിരുന്നു പ്രതിമ ഉണ്ടാക്കിയവരെയും അവ വിറ്റവരെയും ഞങ്ങൾ കണ്ടു ഇപ്പോൾ അതിൻ്റെ തുടക്കം മുതലുള്ള ചരിത്രം എനിക്കറിയാം പ്രതിമയുടെ ചരിത്രമോ ഞാനൊന്നും പറയുന്നില്ല താങ്കൾക്ക് അന്വേഷണത്തിന് പ്രത്യേക രീതികളുണ്ടല്ലോ എന്തായാലും ഞാൻ ഇന്ന് ഈ കേസിൽ വഴിത്തിരിവുണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്തു ആ കൊല്ലപ്പെട്ടയാളെ ഞാൻ തിരിച്ചറിഞ്ഞു ആണോ വളരെ നന്നായി അത് മാത്രമല്ല കൊലപാതകത്തിന്റെ കാരണവും ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഓഹോ കൊല്ലം ഇൻസ്പെക്ടർ ഹില്ലിന് ആളെ കണ്ട ഉടൻ മനസ്സിലായി പെട്രോ വെന്നൂസി എന്നാണ് അയാളുടെ പേര് ലണ്ടനിലെ കുപ്രസിദ്ധനായ ക്രിമിനലാണ് അയാൾ ഇറ്റാലിയൻ മാഫിയയുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് സംശയമുണ്ട് എന്നാൽ എങ്ങനെയാണ് അയാൾ കൊല്ലപ്പെട്ടത് എന്താ ഹോംസ് നിസ്സാരം കൊല ചെയ്തയാൾക്കും മാഫിയയുമായി ബന്ധം കാണും തമ്മിൽ തെറ്റിയതിനെ തുടർന്ന് കൊന്നതാവും പെട്രോയുടെ പോക്കറ്റിൽ കണ്ട ഫോട്ടോ അയാളെ കൊന്നയാളുടേതാവും ആള് മാറാതിരിക്കാനാവും അത് പോക്കറ്റിൽ കൊണ്ടു നടന്നത് കൊലയാളി ഹാക്കറുടെ വീട്ടിൽ കയറുന്നത് കണ്ട് അയാളെ വകവരുത്താൻ കാത്തുനിന്നതാവും പെട്രോ പക്ഷേ തമ്മിലുള്ള സംഘട്ടനത്തിൽ സംഗതി തിരിഞ്ഞു എന്ന് മാത്രം എന്തു പറയുന്നു ഹോംസ് അപാരം നിങ്ങളുടെ കണ്ടെത്തൽ ഗംഭീരം പക്ഷേ ആ പ്രതിമകളെ കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞില്ലേ പ്രതിമകൾക്ക് എന്തിനാണ് ഇത്ര പ്രാധാന്യം നൽകുന്നത് അതൊക്കെ ഏതോ ഭ്രാന്തിന്റെ വേലയല്ലേ കൂടുതൽ പ്രധാനം ആ കൊലപാതകമാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരി ഇനി നിങ്ങളുടെ അടുത്ത പരിപാടി എന്താണ് അത് വളരെ ലളിതം ഞാൻ ഇൻസ്പെക്ടർ ഹില്ലുമായി ചേർന്ന് ഈ ഫോട്ടോയുടെ സഹായത്തോടെ കൊലപാതകയെ നാളെ തന്നെ എന്താ മിസ്റ്റർ ഷെല്ലക് താങ്കൾക്കും വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം കൂടാം ഏ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അതിനേക്കാൾ എളുപ്പത്തിൽ പ്രശ്നം പരിഹരിക്കാമെന്നാണ് എന്റെ വിശ്വാസം പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഏ ഇന്ന് രാത്രിയിലോ അതെങ്ങനെ ലാബെണ്ണാമില്ല എന്നൊരു വീട്ടിലേക്ക് ഞാൻ ഇന്ന് രാത്രി പോകും നിങ്ങൾക്കും എന്നോടൊപ്പം വരാം എങ്കിൽ ഞാൻ നാളെ നിങ്ങളോടൊപ്പം കൂടാം എന്താ ലേഡ് എന്തു പറയുന്നു എപ്പോഴാണ് ഞാൻ വരേണ്ടത് രാത്രി പതിനൊന്ന് മണിയോടെ രാവിലെ തിരിച്ചെത്താം ഇത് എഴുതിയ റിപ്പോർട്ട് ഈ സംഭവങ്ങൾ ബോധപൂർവം നടത്തിയ കുറ്റകൃത്യങ്ങളല്ലെന്നും ഏതോ ഭ്രാന്തന്റെ മാനസിക വിഭ്രാന്തിയാണെന്നുള്ള കാര്യത്തിൽ സ്കോട്ട്ലാൻഡ് യാർഡിന്റെ ഇൻസ്പെക്ടർ ലെസ്ട്രഡിനും പ്രസിദ്ധ കുറ്റാന്വേഷകൻ ഷെർലോക് ഹോംസിനും രണ്ടഭിപ്രായമില്ല എന്താ ശരിയല്ലേ എനിക്ക് ഒരാൾക്ക് ഒരു കമ്പി സന്ദേശം അയക്കാനുണ്ട് ഞാൻ ഇതാ വരുന്നു ഇതാണ് നമ്മൾ അന്വേഷിക്കുന്ന ലാബർ നാമില്ല എല്ലാവരും നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു മണി പന്ത്രണ്ടായില്ലേ നോക്കൂ മുൻവശത്ത് മുറിയിൽ ഒരു പ്രകാശമുണ്ട് ഇതുപോലുള്ള യാത്രകളിൽ തോക്ക് കരുതണമെന്ന് പ്രത്യേകം പറയണമെന്നില്ലല്ലോ ഏതായാലും ഇന്ന് മഴയില്ലാത്തത് ഭാഗ്യമായി ഒരു സിഗരറ്റ് വലിക്കാൻ പോലും സാധിക്കില്ലല്ലോ ഒരാൾ വരുന്നു അയാൾ പതുക്കെ ഗേറ്റ് തുറന്ന അകത്തേക്ക് കടക്കുകയാണ് എന്തൊരു ആത്മവിശ്വാസം അവൻ ചുറ്റുപാട് നോക്കുന്നു പോലുമില്ല നേരെ വീട്ടിലേക്ക് നടക്കുകയാണ് വരൂ നമുക്ക് പിറകെ പോകാം നോക്കൂ അവൻ ആ ജനൽപാളി തുറക്കുകയാണ് അത് കുറ്റിയിട്ടിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു കണ്ടില്ലേ വീട്ടുകാരുടെ അശ്രദ്ധ കള്ളന്മാർക്ക് കാര്യം എളുപ്പമാക്കുന്നത് അയാൾ വീട്ടിനകത്ത് കടന്നുകഴിഞ്ഞു ആ ജനലിനടുത്ത് നിൽക്കാം അവൻ പുറത്തിറങ്ങുമ്പോൾ പിടികൂടാം അകത്ത് അവൻ എന്തോ പല സ്ഥലങ്ങളിൽ വെളിച്ചം മിന്നി മറയുന്നു അവൻ ആ ജനലിലൂടെ തന്നെ പുറത്തേക്ക് വരുന്നു അവന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ അല്പം ഭാരമുള്ളതാണെന്ന് തോന്നുന്നു അവൻ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോവുകയാണ് വരൂ അവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് പിടികൂടണം ഏയ്തി വേണ്ട അവൻ ആ തെരുവ് വിളക്കിന്റെ വെളിച്ചമുള്ളിടത്തേക്കാണ് പോകുന്നത് ചുറ്റുപാടും ശ്രദ്ധിക്കുന്നേയില്ല അവൻ കയ്യിലുള്ള സാധനം ഇറഞ്ഞുടയ്ക്കാൻ പോകുന്നു വരൂ അവനെ പിടിക്കാം അയ്യോ ഇത് ആ നെപ്പോളിയന്റെ പ്രതിമയാണല്ലോ പിടിക്കവനെ അയ്യോ അയ്യോ അയ്യോ അയ്യോ അനങ്ങിപ്പോരുത് ഇതാ വിലങ്ങ് ഇദാ ഫോട്ടോയിൽ കണ്ട ആളാണല്ലോ വെപ്പോ ബഹളം കേട്ട് വീട്ടുകാരൊക്കെ ഉണർന്നു തോന്നുന്നു അല്ലേ താങ്കൾ കൊടുത്തയച്ച സന്ദേശം പോലെ ഞാൻ എല്ലാം ചെയ്തു വാതിലുകൾ കുറ്റിയിടാതെ ഞാനവനെ കാത്തിരിക്കുകയായിരുന്നു ഓ അപ്പോൾ അതാണ് കാര്യം എല്ലാം ഹോംസ് പറഞ്ഞതുപോലെ ആയിരുന്നു അല്ലേ അതാണ് അവന് എളുപ്പത്തിൽ അകത്ത് കിടക്കാനായത് ഇവനെ പരിശോധിച്ചപ്പോൾ ഒരു നീണ്ട കത്തിയും കുറച്ച് നാണയങ്ങളും കിട്ടിയിട്ടുണ്ട് ഹിവന്മാരുടെ മാഫിയയെക്കുറിച്ച് അറിയാവുന്ന ഇൻസ്പെക്ടർ ഹിൽ ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊള്ളും ശരി മിസ്റ്റർ ഹോംസ് താങ്കൾ ചെയ്ത ഉപകാരത്തിന് നന്ദി ഇവനെ പിടികൂടാൻ ആവിഷ്കരിച്ച തന്ത്രം ഗംഭീരം പക്ഷേ സംഗതികളുടെ കിടപ്പ് ഇനിയും എനിക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല പിന്നെ ഇനിയും എനിക്ക് പിടികിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് ഒരു കാര്യം ചെയ്യില്ല നാളെ വൈകുന്നേരം ഒന്ന് ബേക്കർ സ്ട്രീറ്റ് വരെ വരൂ അപ്പോൾ മനസ്സിലാകും കാര്യങ്ങൾ നിങ്ങൾ ഊഹിച്ചതുപോലെ അല്ല എന്ന് അല്ല തണുപ്പ് ഒരു ചൂട് കാപ്പി കുടിച്ചിട്ട് പോകാം ഏ അതൊക്കെ പിന്നെ ഞാൻ ഈ തകർന്ന പ്രതിമയുടെ കഷ്ണങ്ങളൊന്ന് പരിശോധിക്കട്ടെ ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ എത്തി മിസ്റ്റർ ഹോംസ് ഗുഡ് ഈവനിങ്വൻ എന്നാണ് അവൻ്റെ അയൽക്കാർ പോലും അവനെ കുറിച്ച് പറയുന്നത് ശില്പങ്ങൾ ഉണ്ടാക്കാൻ മിടുക്കനാണവൻ അടുത്ത കാലത്ത് രണ്ടുമൂന്ന് കേസുകളിൽ കുടുങ്ങി ഒന്ന് ഒരു നിസ്സാര മോഷണത്തിന് പിന്നെ ഒരു കത്തിക്കുത്ത് കേസിൽ രണ്ടു വട്ടം ജയിൽ ശിക്ഷയെ അനുഭവിച്ചു അതിന്റെ കാരണം എത്ര ചോദ്യം ചെയ്തിട്ടും അയാൾ പറയാൻ ആ പ്രതിമകളെല്ലാം ഗൽഡർ കമ്പനിയിൽ വെച്ച അയാൾ തന്നെ നിർമ്മിച്ചതാണോ എന്നും സംശയമുണ്ട് അല്ല ഹോംസ് എന്താ ഒന്നും പറയാത്തത് നിങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയിരിക്കുന്നു ഹോംസ് ഉണ്ടോ ഞാൻ വൈകിയോ ഇല്ല മിസ്റ്റർ സ്റ്റാൻഫോർഡ് അല്ലേ വരൂ ഇരിക്കൂ വണ്ടി കിട്ടാൻ അല്പം താമസിച്ചു ഞാൻ വാങ്ങിയ നെപ്പോളിയന്റെ പ്രതിമ താങ്കൾക്ക് ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരുന്നല്ലോ അതെ തീർച്ചയായും താങ്കൾ അയച്ച കത്തിൽ അതിന് പത്ത് പൗണ്ട് തരാമെന്നാണ് പറഞ്ഞിരുന്നത് പൂർണമായും ശരിയാണ് അത് എനിക്ക് തരൂ ഞാൻ പത്ത് പൗണ്ട് നൽകാം അതുപോലെ എന്റെ കയ്യിൽ ആ പ്രതിമയുണ്ടെന്ന് താങ്കൾ എങ്ങനെ അറിഞ്ഞു അത് നിസ്സാരമല്ലേ ഹാർഡിംഗ് ബ്രദേഴ്സിൽ അന്വേഷിച്ചപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഈ പ്രതിമ വാങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞു മേൽവിലാസവും കിട്ടി എന്ത് വിലയ്ക്കാണ് ഞാനിത് വാങ്ങിയതെന്ന് അവർ പറഞ്ഞോ ഇല്ല ഞാൻ ചോദിച്ചുമില്ല ഞാൻ പണത്തിനു വേണ്ടിയാണ് വന്നതെങ്കിലും സത്യം പറയാതിരിക്കാൻ എനിക്കാവുന്നില്ല വെറും പതിനഞ്ച് ഷില്ലിങ്ങിനാണ് ഞാനിത് വാങ്ങിയത് ഇപ്പോൾ തരാമെന്ന് പറയുന്നത് എത്രയോ ഇരട്ടിയാണ് താങ്കളുടെ സത്യസന്ധതയെ ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ പത്ത് പൗണ്ട് നൽകി ഇത് വാങ്ങാൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ് എന്താ തരില്ലേ തീർച്ചയായും ഇതാ ആദ്യമായിട്ടാണ് ഞങ്ങൾ തകർക്കപ്പെടാത്ത ഒരു നെപ്പോളിയന്റെ പ്രതിമ കാണുന്നത് ഇതാ ഞാൻ തരാമെന്ന് പറഞ്ഞ പത്ത് പൗണ്ട് പിന്നെ ഒരു കാര്യം ഈ പ്രതിമയുടെ എല്ലാ അവകാശങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നുവെന്ന് ഇവരെ സാക്ഷികളാക്കി എഴുതിത്തരണം അതിന് വിരോധമില്ലല്ലോ കാര്യങ്ങളെല്ലാം നിയമപരമായി തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് പിന്നീട് പ്രശ്നമുണ്ടാകരുതല്ലോ ഇതാ പേപ്പർ അതിനെന്താ ഇതാ നിങ്ങൾ പറഞ്ഞ സമ്മതപത്രം പത്ത് പൗണ്ട് ശരി അങ്ങനെയാവട്ടെ ഹോംസ് നിങ്ങൾക്ക് ഭ്രാന്താണോ ഈ വില കുറഞ്ഞ പ്രതിമ പത്ത് പൗണ്ട് നൽകി വാങ്ങാൻ എങ്കിൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടരുത് ഞാൻ ഈ പ്രതിമ തകർക്കാൻ പോവുകയാണ് ഏ തകർക്കാനോ പത്ത് പൗണ്ട് നൽകി ഇപ്പോൾ വാങ്ങിയ പ്രതിമ തകർക്കാനോ നിങ്ങൾക്കും പ്രതിമ തകർക്കൽ ഭ്രാന്ത് പകർന്നോ ഇതാ നിങ്ങൾ നോക്കിക്കോളൂ ലെ അത് ചിന്നിച്ച് പല കഷ്ണങ്ങളായി ഞാനിനി ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ കിട്ടി കിട്ടി കണ്ടോ കണ്ണ് തുറന്ന് നോക്കൂ എല്ലാവരും എന്താണിത് എന്തൊരു തിളക്കം കണ്ണ് മഞ്ഞളിക്കുന്നു ഇതാണ് ബോർഗ്യാസിലെ അമൂല്യമായ കറുത്ത മുത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ പിന്നെ ധാരാളം അതെങ്ങനെയും നെപ്പോളിയൻ പ്രതിമയ്ക്ക് അകത്ത് വന്നു വിശ്വസിക്കാൻ കഴിയുന്നില്ല അതെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ മുത്തുകളിൽ ഒന്നാണിത് ഇത് ഈ പ്രതിമയ്ക്ക് അകത്ത് വന്നതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം ദാക്രേ ഹോട്ടലിൽ വെച്ച് കൊളോണ രാജകുമാരിയുടെ പക്കൽ നിന്നും ഈ മുത്ത് മോഷ്ടിക്കപ്പെട്ട സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ ഓർക്കുന്നു അതിനെ തുടർന്നുണ്ടായ കോലാഹലവും പക്ഷെ കുറെ അന്വേഷണങ്ങൾ നടന്നെങ്കിലും തുമ്പൊന്നും കിട്ടിയില്ല ആ കേസ് അന്വേഷണവുമായി ഞാനും ബന്ധപ്പെട്ടിരുന്നു അന്ന് രാജകുമാരിയുടെ ഇറ്റലിക്കാരിയായ ഒരു പരിചാരികയെ എനിക്ക് സംശയമുണ്ടായിരുന്നു ലുക്രേഷ്യ വിന്യൂസി എന്നായിരുന്നു അവളുടെ പേര് അവളുടെ സഹോദരൻ ലണ്ടനിലുണ്ടായിരുന്നു എന്നും അറിയാമായിരുന്നു പക്ഷെ അന്ന് ഒന്നും തെളിയിക്കാനായില്ല അന്വേഷണം ഒരിടത്തും എത്തിയുമില്ല പിന്നെ ഇപ്പോൾ എങ്ങനെ സംശയം തോന്നി ആ രണ്ടു ദിവസം മുമ്പ് പെട്രോയുടെ പേര് കേട്ടപ്പോൾ എനിക്ക് സംശയം തോന്നി പഴയ പത്രങ്ങൾ പരിശോധിച്ചപ്പോൾ മുത്ത് നഷ്ടപ്പെട്ട് രണ്ടു ദിവസം കഴിഞ്ഞാണ് ബെപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് മനസ്സിലായി ഈ സമയത്ത് തന്നെയാണ് ഗെൽഡർ കമ്പനിയിൽ നെപ്പോളിയന്റെ പ്രതിമകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത് ഓഹോ അതാണ് അന്ന് ഹോംസ് ആ കമ്പനി ഉടമയോട് തീയതികളെ ചോദിച്ചത് അതെ ഈ സംഭവങ്ങളുടെ പരസ്പര ബന്ധം മനസ്സിലാക്കാൻ എളുപ്പമാണ് ഈ മോഷ്ടിക്കപ്പെട്ട മുത്ത് എങ്ങനെയോ ബെപ്പോയുടെ കൈകളിൽ വന്നു അത് ഒരുപക്ഷെ പെട്രോയിൽ നിന്ന് മോഷ്ടിച്ചതാകാം അല്ലെങ്കിൽ പെട്രോ അത് വിൽക്കാനോ സൂക്ഷിക്കാനോ അയാളെ ഏൽപ്പിച്ചതാവാം ഇനി അതുമല്ലെങ്കിൽ ബെപ്പോയ്ക്കും അത് മോഷ്ടിച്ച ലുക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നിരിക്കാം എന്തായാലും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നതാണ് പരമപ്രധാനമായ കാര്യം ഇപ്പോ പിടികിട്ടി ഹോംസ് പോലീസ് എത്തിയ നേരത്ത് ബെപ്പോ ആ മുത്ത് അയാൾ അപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന പ്രതിമയിൽ ഒളിപ്പിച്ചു വെച്ചു അതല്ലേ കറക്റ്റ് അവിടെ നിർമ്മിച്ച ആറ് പ്രതിമകളിലൊന്നിൽ അയാൾ അത് ഒളിപ്പിച്ചു ആർക്കും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത ഒരിടം അല്ലേ അതെ ജയിൽവാസം കഴിഞ്ഞ് അയാൾ മടങ്ങി വന്നപ്പോൾ ആ ആറ് പ്രതിമകളും വിറ്റുകഴിഞ്ഞിരുന്നു ലണ്ടനിലെ രണ്ട് കടകളിലായി താൻ മുത്തൊളിപ്പിച്ചത് ഏതിലാണ് എന്ന് ബെപ്പോയിക്ക് അറിയില്ലായിരുന്നു തന്ത്രശാലിയായാൾ ബുദ്ധിപൂർവം തന്റെ പ്രവർത്തനം ആരംഭിച്ചു ആ പ്രതിമകൾ എവിടെയെല്ലാമാണെന്ന് അന്വേഷണം ആരംഭിച്ചു അങ്ങനെയായാൽ ഡോക്ടർ ബാർണിക്കോട്ട് പ്രതിമകൾ വാങ്ങിയ കടയിൽ ജീവനക്കാരനായി കയറിക്കൂടി രണ്ട് പ്രതിമകൾ ഡോക്ടർ വാങ്ങിയെന്ന് മനസ്സിലാക്കിയായാൽ അവ രണ്ടും തകർത്തു ും അയാൾ തകർത്തു അതെ അതിനകത്ത് നിധിയുണ്ടോ എന്ന് അറിയാനായി അയാൾ പ്രതിമകൾ തകർത്തത് വെളിച്ചത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ വിചിത്രമായ പ്രവൃത്തി നെപ്പോളിയനോടുള്ള വിരോധം കൊണ്ടല്ല എന്ന് ഞാൻ ഊഹിച്ചു പിന്നീട് അയാളുടെ ലക്ഷ്യം ഹാർഡിംഗ് സ്റ്റോർ ആ പ്രതിമകളിലായി ഹാക്കറിന്റെ വീട്ടിലെ പ്രതിമ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പെട്രോയുടെ കൊലപാതകം നടത്തുന്നത് മുത്ത് ബെപ്പോയുടെ കൈവശം ഉണ്ടെന്നറിഞ്ഞ പെട്രോ അയാളെ പിന്തുടർന്ന് ആക്രമിച്ചു കാണും അതിനിടെ കൊല്ലപ്പെട്ടത് അയാളും ആ ബെപ്പോയുടെ കയ്യിലുണ്ടായിരുന്ന ആ നീളൻ കത്തി ഓർമ്മയില്ലേ അതാണ് പെട്രോയുടെ കൊലയ്ക്ക് ഉപയോഗിച്ചത് ശരി താങ്കൾ ഇത്രയും പറഞ്ഞത് സമ്മതിച്ചു പക്ഷേ ഇരുവരും കൂട്ടുകാരായിരുന്നുവെങ്കിൽ പെട്രോ എന്തിനു ബെപ്പോയുടെ ഫോട്ടോ കൊണ്ട് നടക്കണം അത് ബെപ്പോയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ മൂന്നാമത് ഒരാളോട് ചോദിക്കേണ്ടി വന്നാലോ എന്ന് കരുതിയാവണം അയാൾ ആ ഫോട്ടോ കൊണ്ടു അത് നമ്മുടെ അന്വേഷണത്തിന് ഏറെ പ്രയോജനപ്പെടുകയും ചെയ്തു സത്യത്തിൽ അയാൾ പ്രതിമയ്ക്കുള്ളിലുള്ള എന്തോ തിരയുന്നു എന്നല്ലാതെ അത് മോഷ്ടിക്കപ്പെട്ട ബോർഗ്യാസ് മുത്താണ് എന്ന് ഞാൻ കരുതിയതേയില്ല ഹാക്കറുടെ വീട്ടിലെ പ്രതിമ നശിപ്പിക്കപ്പെട്ടപ്പോൾ പിന്നെ അവശേഷിച്ചത് അതിൽ അയാൾ ആദ്യം മുന്നം ിൽ തന്നെയുള്ള ലാബർണാം വിലയാകും എന്ന് ഞാൻ അനുമാനിച്ചു അതുകൊണ്ട് ആ വീട്ടുകാരെ ഞാൻ നേരത്തെ വിവരമറിയിച്ച് അയാളെ കുടുക്കി എന്തായാലും താങ്കളുടെ അന്വേഷണ രീതികൾ ആപാരം സംഭവങ്ങളുടെ പരസ്പര ബന്ധം മനസ്സിലാക്കിയാൽ ഇതൊക്കെ നിസാരമാണ് കൊല്ലപ്പെട്ട മനുഷ്യന്റെ പേരും പശ്ചാത്തലവും സംഭവങ്ങൾ നടന്ന തീയതികളും മറ്റും യുക്തി ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് ആലോചിച്ചപ്പോൾ അയാൾ അന്വേഷിക്കുന്നത് മോഷ്ടിക്കപ്പെട്ട അമൂല്യമായ കറുത്ത മുത്ത് തന്നെയെന്ന് എനിക്ക് ഏതാണ്ട് തീർച്ചയായി പിന്നെ ഒറ്റ പ്രതിമയാണ് ഞാൻ പത്രത്തിൽ പരസ്യം നൽകി വലിയ വില കൊടുത്ത് വാങ്ങി നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തകർത്ത് ആ മുത്ത് കണ്ടെത്തിയത് ഹോംസ് താങ്കൾ ധാരാളം കേസുകളുടെ കുരു കഴിക്കുന്നത് ഇത്രയും വിദഗ്ധമായ അന്വേഷണവും കൃത്യമായ അനുമാനവും താങ്കളെ സമ്മതിച്ചിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കുറ്റാന്വേഷണ ഏജൻസിയായ സ്കോട്ട്ലാൻഡ് യാഡിന് താങ്കളെ അസൂയയും അഭിമാനവുമാണ് ദയവുചെയ്ത് നാളെ തന്നെ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് അവിടെയുള്ള സർവരുടെയും അഭിനന്ദനം ഏറ്റുവാങ്ങണം താങ്കളുടെ പ്രശംസക്ക് നന്ദി മിസ്റ്റർ ഈ മുത്ത് സുരക്ഷിതമായി സേഫിൽ വെച്ചേക്കുഡ് ഇനിയും ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്നാലാവുന്നത് ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഗുഡ് ബൈ ആർദർ കോണൻ ഡോയലിന്റെ ഷെർലക് ഹോംസ് കഥകൾ നെപ്പോളിയന്റെ ആറുതലകൾ നാടകം സമാപിക്കുന്നു കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഷെലക് ഹോംസ് അരുൺ നായർ ഡോ വാട്സൺ ഡോക്ടർ തോമസ് മാത്യു ലെസ് ജി പെരുമാൾ ഹാക്കർ ജി ശ്രീറാം കടയുടമകൾ മണികണ്ഠൻ മടവൂർ രാകേഷ് എം എസ് ജോഷ മനേഷ് എം പി സ്റ്റാൻഫോർഡ് ബിജു കല്ലുവാതുക്കൽ സംവിധാന സഹായം വി എൻ ദീപ അശ്വതി ബാലചന്ദ്രൻ റേഡിയോ രൂപം സംവിധാനം എൻ വാസുദേവ് അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം